വിശ്വാസികളായ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ നിങ്ങൾ അവർക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുക എന്നാൽ അവരിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിനുമേൽ അതിക്രമം കാണിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങിവരുന്നതുവരെ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ മടങ്ങി വന്നാൽ നിങ്ങൾ നീതിയോടെ അവർക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുക നീതി പുലർത്തുകയും ചെയ്യുക തീർച്ചയായും നീതി പാലിക്കുന്നവരെ അള്ളാഹു സുബാനഹുവ തായ ഇഷ്ടപ്പെടുന്നു